തീർച്ചയായും മൂസ അലിഹിസ്സലാമിന് നാം വേദഗ്രന്ഥം നൽകുകയും അദ്ദേഹത്തിന് ശേഷം ദൂതന്മാരയക്കുകയും ചെയ്തു മറിയമിന്റെ മകൻ ഈസ അലിഹിസ്സലാമിന് നാം വ്യക്തമായ തെളിവുകൾ നൽകുകയും പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമായാണ് ഓരോ ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോഴും നിങ്ങൾ അഹങ്കരിച്ചുവോ അങ്ങനെ നിങ്ങൾ ഒരു വിഭാഗത്തെ നിഷേധിക്കുകയും ഒരു വിഭാഗത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു